മാർ പറയുന്നത് സംവിത് സ്വയം പ്രകാശം സ്വവിഷേകസ്വയം പ്രകാശം അപ്പൊ മറ്റു രണ്ട് കാര്യങ്ങളുണ്ട് എന്ത് വിഷയവും ആത്മാവും രണ്ടും ജഡമാവും അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചത് അതിന് പ്രഭാരം പറയും വിഷയത്തിന്റെയും ആത്മാവിന്റെയും സംയുത്ത് അജട എന്ന് പറഞ്ഞാൽ വിഷയവും ആത്മാവും എന്തായി ജഡമാണ് പ്രഭാകരന്റെ അഭിപ്രായത്തിൽ എന്താണ് വിഷയവും ആത്മാവിൻ ജഡമായി ഇത് കൃത്യമായി മനസ്സിലാക്കണം ഇപ്പോ പ്രഭാകര പ്രഭാകര പക്ഷം വിഷയത്തിന്റെയും ആത്മാവിന്റെയും സമിത് അത് അജഡമാണ് അത് സ്വയംപ്രകാശം വിഷയവും ആത്മാവും അത് രണ്ടും എന്താണ് ജഡമാണ് എന്നാണ് പറഞ്ഞത് അവിടം പോലെയാണ് എന്റെ ചർച്ച പോകുന്നത് അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നത് അപ്പോ ഈ സംയുക്തം എന്ന് പറയുന്ന ബോധം ബോധം എന്ന് പറഞ്ഞ സംയുക്തം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞ എന്താണ് അനുഭവമാണ് സമയത്ത് എന്ന് പറഞ്ഞ ബോധം അനുഭവം അപ്പോ ഇവിടെ രണ്ടിന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്തിന്റെ വിഷയത്തിന്റെയും ആത്മാവിന്റെയും അനുഭവം ഉണ്ടാകുന്നു അപ്പോ അതും പറയും എന്താണ് ആത്മാവ് ആണ് ബോധത്തിന് ആശ്രയം സംയത്വ ആത്മാവിനെ ആശ്രയിച്ചുണ്ടാവും വിഷയങ്ങളെയും ആ ബോധം വിഷയത്വേനെ ആശ്രയിക്കുന്നു ഒരു വിഷയം വേണം ഞാൻ ഘടത്തെ അറിയുന്നു എന്നറിയുമ്പോൾ എനിക്കവിടെ അറിയുന്നതിനൊരു വിഷയം വേണം അപ്പൊ വിഷയത്തെയും ബോധം വിഷയത്വേനാശ്രയി അത് വിഷയമായാലും അതിനെ അറിയാൻ പറ്റും അപ്പൊ സംയുത്വം എന്ന് പറഞ്ഞ അനുഭവമാണ് ീ അനുഭവത്തിന്റെ ജനകമാണ് അതിനെ ഉണ്ടാക്കുന്നതാണെന്ത് പറയുന്ന വളരെ ശ്രദ്ധിച്ചു കേട്ടോണ്ടിരിക്കും ഈ സമയത്തല്ലെങ്കിൽ ഈ അനുഭവത്തെ ഉണ്ടാക്കുന്ന എന്താണ് ആത്മാവും വിഷയവും ജനകമാണ് ആത്മാവും വിഷയവും ആ ആത്മാവ് വിഷയം എന്ന് പറയുന്നത് രണ്ട് ജനകങ്ങളായി അതിൽ നിന്ന് ജന്യമായ എന്താ ഏ സംത്വം അപ്പോ ഇവിടെ നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് സംയുക്തം എന്ന് പറയുന്നത് അജടമാണ് സംയുക്തം എന്ന് പറയുന്നത് അജടമാണ് അതിന്റെ ജനകമായിരിക്കുന്ന ആത്മാവും വിഷയവും അജടമാകുമോ എന്ന് വെച്ചാൽ വിഷയ സംയത്വം ആത്മസംയുത്വം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ വിഷയ സംയുത്വം എന്ന് പറയുമ്പോ വിഷയത്തെ ആചരിച്ചുണ്ടായതാണ് ആത്മ സംയുത്വം എന്ന് പറയുമ്പോൾ ആത്മാവിനെ ആചരിച്ചുണ്ടായതാണ് സംയുക്തം എന്ന് പറയുമ്പോ അവിടെ എന്തു പറയും അജടം എന്ന് പറയും അപ്പൊ അതിന്റെ ജനകമായിട്ട് രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെ അച്ഛനും ഉമ്മ ആരാണ് വിഷു ആത്മാവ് അത് അജമാകും അതാകാൻ പറ്റില്ല പറഞ്ഞു പുത്രൻ പണ്ഡിതനായെന്ന് വിചാരിച്ച് മാതാപിതാക്കൾ പണ്ഡിതനാവണമെന്ന് യാതൊരു ഇനി മാതാപിതാക്കൾ കൊണ്ടിതായതുകൊണ്ട് പുത്രന്മാരാവണമെന്നും നിർബന്ധമില്ല തിരിച്ചതും അങ്ങനെ ഒരു ബന്ധമില്ല ഇപ്പോ സംയുക്ത അജടമായതുകൊണ്ട് അതിന്റെ ജനകമായിരിക്കുന്ന വിഷയവും ആത്മാവും അജടമാകണമെന്നില്ല മറിച്ച് അത് ജഡം അപ്പോ പ്രഭാകാരം പറയുന്നത് എന്താണ് പിന്നെ ആത്മാവിനെയും ആശ്രയിക്കുന്ന ആ സംയത്ത് അത് അജടമാണെന്ന് വെച്ചത് അനുഭവമാണ് അതുകൊണ്ട് ആത്മാവും വിഷയവും അജടമല്ല അതുകൊണ്ട് തന്നെ ജഡവും സ്വീകരിക്കാൻ പറ്റില്ല ജന്യം അജടമായ ജനകം അജടമാകണമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് അവിടെ എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സമിത് ഈ അനുഭവത്തിന് ആത്മാവുമായും വിഷമമായിട്ടും ബന്ധമുണ്ട് ഞാൻ ആശ്രയിച്ചില്ല ഉണ്ടാകുന്നു സംയത്തിന് എന്തുമായിട്ടൊക്കെ ബന്ധമുണ്ട് ആത്മാവായിട്ടും ബന്ധമുണ്ട് പക്ഷെ ബന്ധം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് അതും അജടമാണോന്ന് പറയാൻ പറ്റില്ല ബന്ധമുണ്ട് സമ്മതിക്കും അതുകൊണ്ട് മാതാപിതാക്കളും പുത്രനെ പോലെ അജടമാണെന്ന് പറയാൻ കഴിയത്തില്ല എന്നുവെച്ചാൽ ഇപ്പൊ എന്തായി ആത്മാവ് പ്രധാനമായിട്ടും ആത്മാവിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ആത്മാവെന്ന് പറയുന്നത് ആ ദോഷം പറയാൻ വേണ്ടിട്ടാ പറയുന്നത് വിഷയം ജഡമായിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആത്മാവ് ജഡമാകുന്നു എന്നൊരു ദോഷം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് തത് പുത്ര പണ്ഡിതോസ് അതിന എന്തായാലും വിഷയം എന്ന് പറയുന്നത് വിഷയങ്ങളെടുക്ക അകടപെടാത്ത അതൊരിക്കലും അനുഭവ രൂപത്തിലാവത്തില്ല ഓ വിഷയം അനുഭവ രൂപത്തിലാവും ശ്രദ്ധിച്ച് മനസ്സിലാവും വിഷയം മേശ അനുഭവ രൂപത്തിലാവും എന്തുകൊണ്ട് അത് അനുഭവത്തിന്റെ വിഷയമായിരിക്കുന്നു അനുഭവത്തിൽ നിന്നും അത് അന്യമാണ് വിഷയം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ വിഷയമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനുഭവത്തിൽ നിന്നും അന്യമായിരിക്കുന്നു അതുകൊണ്ട് അതൊരിക്കലും അനുഭവമാകത്തില്ല എന്ന അങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്താണോ പിന്നെ ഇതില് അദ്വൈതത്തില് വേറൊരു കാഴ്ചപ്പാടുണ്ട് അദ്വൈതകള് പറയുന്ന ഇതുമായിട്ടുള്ള വ്യത്യാസം അത് ഈ പറയുന്നത് അന്ധക്കരണം ജഡമാണ് ഉള്ളിലെന്തുണ്ട് സംയുക്ത ബോധമുണ്ട് ഈ അന്ധക്കരണം തന്നെ എന്താവുന്നു ചൈതന്യവത്താവുന്നു അന്ധക്കരണം തന്നെ ബോധം ആയി മാറും അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് അന്ധകരണ വൃത്തി എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ് ഞാൻ പുസ്തകത്തെ അറിയുന്നു ഈ അറിയുന്നു എന്ന് പറയുന്ന ഒരു അന്ധകരണ വൃത്തിയാണ് എന്നാത് ജ്ഞാനമാണ് മനസ്സിലാവുക അപ്പൊ ജഡം ജ്ഞാനമാകും എന്ന് ചോദിച്ചാകും അദ്വൈതിയുടെ അഭിപ്രായത്തിൽ ജഡം ഞാനാവും ജഡമായ അന്ധകരണം ജ്ഞാനമായതാണ് ഞാൻ പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് അവിടെയും ഒരു അഹംവൃത്തിയുണ്ട് അഹംവൃത്തി എന്ന് പറയുന്ന അന്ധകരണമാണ് ജഡമാണ് അത് ജ്ഞാനമാകുമ്പോഴാണ് നമ്മൾ ജ്ഞാനെന്ന് പറയുന്നത് അറിയുന്നു എന്ന് പറയുന്നു അറിയുന്നു എന്ന് പറയുന്നത് ഒരു അന്ധകരണ വൃത്തിയാണ് അത് ജ്ഞാനമാകുമ്പോഴാണ് എന്ത് പറയുന്നത് അറിയുന്നു എന്ന് പറയുന്നു പക്ഷെ പ്രാഭാകരന്മാർക്ക് അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് ഇത് എന്തുകൊണ്ട് അദ്വൈതം സ്വീകരിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ജ്ഞാനവും അഹംവൃത്തിയും ജ്ഞാനവും മറ്റ് അന്ധക്കരണവൃത്തിയുമായിട്ട് ഒരു സംബന്ധമുണ്ട് ആ സംബന്ധം എന്ന് പറയുന്നത് ആധ്യാസിക സംബന്ധമെന്ന് പറയും അവിടെ അധ്യാസം സംഭവിക്കുകയാണ് അധ്യാസം സംഭവിക്കുന്നത് അറിയുന്നു എന്നൊരു അന്ധക്കരണവൃത്തി ജ്ഞാനവൃത്തിയായിരുന്നു അഹം എന്ന് പറയുന്ന അഹമാകാരവൃത്തി ജ്ഞാനവൃത്തിയായിരിക്കുന്നു അവിടെ ജ്ഞാനവും അന്ധകരണവും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമെന്ന് പറയും ആധ്യാസിക ബന്ധമെന്ന് പറയും പക്ഷെ ഞാൻ പുസ്തകത്തെ അറിയുമ്പോ എന്റെ അറിവും പുസ്തകവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് പ്രഭാകരന്മാര് പറയുന്നു ഞാൻ പുസ്തകത്തെ അറിയുന്നു അറിവും പുസ്തകമായിട്ടൊരു ബന്ധമുണ്ട് അതുകൊണ്ട് പുസ്തകം അറിവാകത്തില്ല എന്തുകൊണ്ടാകുന്നില്ല അവിടെ ആധ്യാസിക സംബന്ധമുണ്ട് മനസിലായ ആധ്യാസിക സംബന്ധം സ്വീകരിച്ച ജ്ഞാനവും ജഡവുമായിട്ട് ആധ്യാസിക സംബന്ധം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതമാകും അതുപോലെ ജബാകുസം പടികത്തിന്റെ അടുത്ത് ജബാകുസം ജബാകുസം എന്ന് പറഞ്ഞ എന്താ എന്താണ് ജബാകുസം സ്ഫടികത്തിന്റെ അടുത്ത് ചാകസും അപ്പോ സ്പടികം കണ്ടിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ആ ഇത് ചോപ്പാണെന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു ആദ്യാസിക സംബന്ധം വന്നു സ്പടികവും ആ പ്രതിബിംബവുമായിട്ടൊരു ആദ്യാസിക സംബന്ധം എന്നുകൊണ്ടാണ് നമ്മള് സ്പടികം ചോപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതൊരു ഭ്രാന്തിയാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് വരുന്നതും അറിയുന്നു എന്ന് പറയുന്നതൊക്കെ ഭ്രാന്തിയാണ് അവിടെ അറിവും അദ്വൈതിയുടെ പക്ഷമുണ്ട് അറിവും അന്ധക്കരണവുമായിട്ട് എന്ത് അതാണ് ആ ഭ്രാന്തി അങ്ങനെ ഉണ്ട് ഈ ജ്ഞാനെന്ന് പറയുന്നത് കേവലമായ അറിവോ കേവലമായ അന്ധകരണമോ അതിനാണ് ചിജ്ജഗ്രന്ഥി എന്ന് പറയുന്നത് അധ്യാസത്തിന് ഈ പറയുന്നത് ചിറ്റട ഗ്രന്ഥി ചിത്തും ജഡവും നമ്മളെ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എന്താണോ കൂട്ടിക്കെട്ട് അതിനാണ് ഗ്രന്ഥി എന്ന് പറയുന്നത് കൂട്ടിക്കെട്ടത് അപ്പൊ ചിത്തും ജഡവും നമ്മളവിടെ കൂട്ടിക്കെട്ടിരിക്കാണ് പക്ഷെ ആ കൂട്ടിക്കട്ടടം എന്ന് പറയുന്നത് എന്താണ് വ്യത്യാസം അതാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്വൈതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്വൈതയോട് സ്വീകരിക്കുന്ന ഈ ആധ്യാസിക സമൂഹം ഇപ്പൊ അവിടെ ജഡം ചിത്ത ചിത്താകുന്ന വെച്ചാൽ അത് ചൈതന്യമയമാണ് ചിജട ചിന്തനത്തിലൊക്കെ അതാ പറയുന്നു പക്ഷെ പ്രഭാകരന്മാരൊന്നും സമ്മതിക്കുന്നു അദ്വൈതിക ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ജ്ഞാനത്തെ സംബന്ധിച്ച് ഇന്നും ഭൗതിക ശാസ്ത്രമൊക്കെ പുരോഗമിച്ചിട്ടും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം അതാ ചോദ്യശാസ്ത്രത്തിൽ ശരിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല പല പല ഹൈപ്പോത്തിസി ആൾക്കാരുണ്ടാകും പക്ഷെ കൃത്യമായൊരു മറുപടി ഈ ജ്ഞാനം ബ്രെയിനിൽ നിന്നുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിൽ നിന്ന് ഒരു മരം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വിത്തിന്റെ തന്മാത്രകളെല്ലാം അതീവരും ആ തന്മാത്രകളുടെ വിഭജനം വരും അതായത് ഈ മനുഷ്യൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു കോശത്തിൽ നിന്ന് സൈകോട്ടെന്ന് പറയുന്നത് എന്താണോ അണ്ടവും ബീജവും കൂടെ സങ്കലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏകകോശം ഒറ്റ കോശമാണ് ഒന്നായി തീരുകയാണ് ഫ്യൂസ് ഒരുകി വന്നായി തീരുകയാണ് ആ കോശത്തിൽ എന്താ സംഭവിക്കുന്നത് ഏ വിഭജന സംഭവം ഒരു കോശം വിഭജിക്കയാണ് തുടർച്ചയായിട്ട് വിഭജിക്കുക എന്ത് സംഭവിക്കുന്നു ആ വിഭജനത്തിൽ നമ്മുടെ എല്ലുണ്ടാകുന്നതിനുള്ള കോശങ്ങൾ വരുന്നു രക്തത്തിന്റെ കോശങ്ങൾ വരുന്നു മാംസത്തിന്റെ കോശം വരുന്നു നഖത്തിന്റെ കോശം വരുന്നു സർവ ഇതുമായിട്ട് ഒറ്റ കോശം വികസിച്ച് സിങ്ങനെ ആ ഒന്നിൽ തന്നെ എന്തുവരുന്നു ആ ഒന്നിന്റെ കാര്യമായതുകൊണ്ട് ആ ഒന്ന് തന്നെ ആ ഒന്നിലിരിക്കുന്ന എന്താണ് ഇത്രയും ഇതിന് ഇതായി തീർന്നത് ആ ഒരു കോശത്തിലിരിക്കുന്ന എന്താണ് ഇത്രയും വിഭജനത്തിന് കാരണമായി തീർന്നത് ഏ ഡി എൻ എന്ന് പറഞ്ഞു അതാണ് ഇങ്ങനെ ഇങ്ങനെ വിവരിച്ച് വിവരിച്ച് ഇപ്പൊ ഇത്ര മനസ്സിലാക്കി ചില വാക്കുകളൊക്കെ പഠിച്ചു നല്ലത് തന്നെയാണ് മോശം ഞാൻ പറയുന്നു അങ്ങനെ ചില പഠിച്ചു വയ്ക്കുന്നു അപ്പൊ ഇതിങ്ങനെ ഉപയോഗിച്ചു വരുന്നു അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മടെ ഏത് കോശം എടുത്തു നോക്കിയാലും ശരി എന്താണ് മാംസത്തിന്റെ ആയാലും ശരി ഒരു കോശം എടുത്താലും അസ്ഥിയുടെ അടുത്താലും ശരി ആ മൂലസാധന ഡി എൻ ആദ്യം കാണും അതാണ് അത് മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയാണ് അതുകൊണ്ട് അവരിലും കാണും മനസിലായ അങ്ങനെ ഒരു ബന്ധമുണ്ട് നൂൽബന്ധം ഒരു നൂൽബന്ധം ഒന്നിന്ന് നീങ്ങാൻ പലതായി വരുമ്പോ ഇങ്ങനെ വരുന്നു അപ്പൊ നമ്മുടെ ബോധമൊക്കെ ശരിക്കും പ്രകടമാകുന്ന നമ്മുടെ ബ്രെയിനിലാണ് മനസിലായ ബ്രെയിനിലാണ് ഈ ബോധം വരുന്നത് എന്നാൽ ഈ ബ്രെയിനിലിരിക്കുന്ന ഡി എൻ എന്ന് എവിടെയില്ല ബോധത്തിലില്ല അവിടെയാണ് പ്രശ്നം ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങൾ കൊണ്ടും ബ്രെയിനിന്റെ വൈദ്യുത പ്രവാഹം കൊണ്ടുമാണ് എന്തുണ്ടാവുന്നത് ബോധമുണ്ടാവുന്നതെന്ന് പറയുന്നു ന്യൂറോ സയൻസ് പറയുന്നതാണ് അവിടത്തെ രാസപ്രവർത്തനങ്ങളും അവിടത്തെ വൈദ്യുത പ്രവാഹം കൊണ്ടും എന്തുണ്ടാവുന്നു ബോധമുണ്ടാവുന്നു അപ്പൊ ഈ കോശത്തിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടായതുപോലെ ഇതിലല്ല ഈ കോശം കുടിയന്നെയൊക്കെ പോലെ എന്തുകൊണ്ട് ആ ബോധത്തിൽ ഒന്നും കാണുന്നില്ല അത് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റുന്നു അതിന് ഒരു വഴി എന്താണ് തത്വചിന്തകന്മാര് പറയുന്ന എന്താണ് അതിന്റെ കാരണം തത്വചിന്തകന്മാര് പറയുന്നവര് കാരണം വെച്ചാ ഇപ്പൊ ഈ ബൾബ് പ്രകാശിക്കുന്നു ഈ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് എന്താണ് കറണ്ട് കറണ്ട് എവിടെ നിന്ന് വന്നോ ഇടുക്കിന്ന് വന്നു ഇടുക്കിയിൽ നിന്ന് കറണ്ട് വന്നിട്ട് എവിടെ കയറി ബൾബി കയറി എന്നിട്ടിങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ നമ്മുടെ ബ്രെയിനിനകത്ത് എവിടെ ബോധം കടന്നു വന്നു ബ്രെയിൻ ഇവിടെ പുറത്തു വരുന്നതാണ് നമ്മുടെ ബോധം അപ്പൊ ബോധം എവിടെ ഇരിപ്പുണ്ട് ൾബിലൂടെ പ്രശിക്കും പോലെ ബ്രെയിനിലൂടെ പ്രകാശിക്കും അപ്പൊ ബ്രെയിൻ ഉണ്ടാക്കിയതല്ല ബോധത്തെ മറിച്ച് ബോധം ബ്രെയിൻ കടന്നു വര പ്രകടമാകുന്നതിനുള്ള ഒരു സാമഗ്രിയാണ് ഇതാണ് നമ്മുടെ നമ്മുടെ തത്വചിന്തി പറയുന്നു പക്ഷെ അതിനെ എതിർക്കുന്നു പറയുന്ന അങ്ങനെയല്ല അത് ാണ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഒരു എമർജിംഗ് പ്രോപ്പർട്ടിയാണ് എമേർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിൽ ഇതൊന്നും കാണണമെന്നില്ല അതിന്റെ ഒരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്തോന്നും നമ്മളീ അനുഭവിക്കുന്ന എന്തോ അറിയുന്നില്ല ഇക്കാര്യത്തിലുള്ള തർക്കം ഉണ്ട് പുറത്തുനിന്ന് വന്ന് ഈ ബോധം എന്ന് വരുന്ന സർവ്വവ്യാപിയായിട്ടുണ്ട് അതെല്ലായിടത്തും വരെയും ഇപ്പോൾ കറണ്ട് എന്ന് പറയുന്ന സർവ്വത്രണ്ട് ഈ പുസ്തകത്തിലുണ്ട് മേശയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് കറണ്ട് പക്ഷെ ആ കറണ്ടിനെ കണ്ട്രോൾ ചെയ്ത് ഒരു കമ്പിയിലൂടെ കയറ്റി ഈ ബൾബിനകത്ത് വിട്ടാലേ എന്തായിട്ട് വരും അത് പ്രകാശമായിട്ട് വരത്തുള്ളൂ അല്ല കറണ്ടൊരിടത്തും ഇല്ലാത്തോണ്ടല്ല ഈ മേശവിരുപ്പിനും എന്തുണ്ട് കറണ്ടു പക്ഷെ കണ്ണ് കൺട്രോൾ ചെയ്ത് ഏതു വഴി വിടണം കൺട്രോൾ ചെയ്ത് അതിലൂടെ വിടണം എന്നാൽ എന്തോ ഒരു പ്രക്സി അതുപോലെ ബോധത്തെ കൺട്രോൾ ചെയ്ത് ബ്രെയിനിൽ കൂടി വിടുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഇപ്പോ പറഞ്ഞു നിൽക്കാൻ വഴിയുണ്ട് ആർക്ക് തത്വചിന്താകുന്നക്കും പറഞ്ഞിരിക്കാം അല്ലാതെ ബ്രെയിൻ ഉണ്ടാക്കുന്ന അല്ല എന്ന് പറയാം കാരണം ബ്രെയിൻ ഉണ്ടാക്കുന്ന ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ ബോധത്തെക്കുറിച്ച് ബോധമില്ലാത്തതും അതൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല മനസ്സിലാണ് അപ്പൊ ചോദിക്കുന്നത് ഇത് ഈ അടിസ്ഥാനപരമായ പ്രശ്നം തന്നെ എന്താണ് ജഡമായ ബ്രെയിനിൽ നിന്ന് എങ്ങനെ ബോധമുണ്ടാവും അജടമായ ബോധം അതേ കാര്യം തന്നെ എവിടെയും ചർച്ച ചെയ്തു ജഡമായിരിക്കുന്ന വിഷയത്തെയും ആത്മാവിനെ ആശ്രയിച്ച് എങ്ങനെ ഈ ബോധം ഉണ്ടാവും അജടമായ വസ്തുണ്ടാവും അതാണ് ഇവിടെ ചർച്ച ചെയ്ത് അപ്പൊ അതിനാണ് എന്താണോ സ്വഭാവയേവ സംവിത ഈ അറിവിന്ദ സ്വഭാവമാണ് ഈ സംയത്തിന്റെ സ്വഭാവമാണ് എന്തോന്ന് എന്താണ് സ്വഭാവം സംയത്തിന്റെ സ്വഭാവം എന്താണ് പരവണി പറഞ്ഞോളൂ അനുഭവം സംയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അജടം എന്നൊക്കെ പറഞ്ഞ അനുഭവം പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ മനസ്സിലാകുന്ന വഴി പറഞ്ഞാൽ എന്താണ് അനുഭവമാണ് അപ്പൊ ഈ സംയത്തിന്റെ അനുഭവം അതെങ്ങനെയുള്ളത് സ്വയം പ്രകാശമായ ആ സ്വയം പ്രകാശമാണെന്ന് ആര് പറയുന്നു പ്രാഭാകര ഗുരു പറയുന്നു അത് സ്വയം പ്രകാശമാണ് അത് അനുഭവമാണ് ഇത് അർത്ഥാത്മ സംബന്ധിത പക്ഷെ അതെന്ത് ചെയ്യുന്നു അർത്ഥത്തോടും ആത്മാവിനോടും സംബന്ധിച്ചിരുന്നു എന്ന് പറയും എന്നാ അത് സ്വയം പ്രകാശമാണ് എന്താണ് ആ സംബന്ധം ഒന്ന് ആശ്രയം മറ്റൊന്ന് വിഷയം എന്താണ് ആ സംബന്ധം ആശ്രയവും വിഷയും രൂപത്തിലുള്ള ഒരു ബന്ധമാണ് അപ്പോ അതുകൊണ്ടെന്താണ് പുത്രനും മാതാപിതാക്കളും തമ്മിൽ ഇതുപോലെ ഒരു നിത്യസാപേക്ഷത്വം ഇല്ല മനസിലാകാം പുത്രനും എങ്ങനെയാണോ ഈ അനുഭവത്തിനും ആത്മാ അനുഭവത്തിനും ആത്മാവിനോടും വിഷയത്തോടും നിത്യബന്ധമാണ് നിത്യബന്ധം നമ്മൾക്ക് എപ്പോ അനുഭവം അവിടെ എന്തുവരും ഞാൻ വരുന്നുണ്ടോ അപ്പോ ആശ്രയമായിട്ട് അവിടെ ആത്മാവിരിക്കുന്നു പിന്നെ ഇന്നതിനെ അറിയുന്നു ഇപ്പം വിഷയം വരും ഇപ്പം എപ്പോ നമ്മുടെ ഉള്ളിൽ അനുഭവം ഉണ്ടായാലും രണ്ട് കാര്യങ്ങൾ കയറി വരും എന്തൊക്കെയാണ് ആത്മാവും വിഷയവും അതാണ് നിത്യസംബന്ധം പിന്നെ പുത്രൻ മാതാപിതാക്കളുമായിട്ട് നിത്യസംബന്ധമുണ്ട് എന്തുകൊണ്ട് അവർ ചത്തുപോയാലും പുത്രനിന്നല്ല അതുകൊണ്ട് സംയുത്ത് ൂപത്തിലാണെങ്കിലും അതിന്റെ മാതാപിതാക്കളാരൊക്കെ ആത്മാവും വിഷയവും അനുഭവരൂപത്തിലായിരിക്കണമെന്നില്ല ഇതാണ് ആരുടെ പക്ഷം പ്രഭാകരൻ അപ്പോൾ പ്രഭാകരന്റെ ആത്മാവ് എന്താണ് ജഡമാണ് അദ്വൈതി പറയുന്ന ആത്മാവ് ചൈതന്യമായിരിക്കണ നിയമം പ്രഭാരം പറയുന്ന അതിന്റെ ആവശ്യം ഇനി വേണോങ്കി വേറെ ഒന്നു പറയാം എന്താണോ വേണമെങ്കി പ്രകാരം പറയാം ശരിയാണ് മാതാപിതാക്കളും മകനും തമ്മിലും നിത്യസംബന്ധമില്ല മാതാപിതാക്കളും മരിച്ചുപോയി മകൻ ജീവിച്ചിരിക്കുന്നു പക്ഷെ മാതാപിതാക്കള് മരിച്ചു പോയാലും അവര് മാതാപിതാക്കളല്ലാതെയാവൂ ഓ അപ്പൊ ജനകത്വം അവരുടെ ഉണ്ട് മരിച്ചുപോയത് പിന്നീ പുത്രൻ മാതാപിതാക്കൾ മരിച്ചുപോയി അപ്പൊ അവരിൽ നിന്ന് ജന്യൻ അല്ലാതെ ആകുമോ ഇല്ല അപ്പൊ മാതാപിതാക്കൾ ഇല്ലെങ്കിലും ജനകത്വം ഉണ്ട് അവിടെ കാരണം അങ്ങനെ ജനകന്മാരുണ്ടായാലേ പുത്രനുണ്ടാവും ജനകത്വത്വം നിഷേധിക്കാൻ പറ്റില്ല മാതാപിതാക്കളെ നിഷേധിക്കും അതുപോലെ തന്നെ മാതാപിതാക്കളില്ലെങ്കിലും പുത്രനിലെന്തരിക്കും ജന്യത്വം അച്ഛനും അമ്മയില്ലെങ്കിൽ അവൻ ജന്യനാണന്തോ അവൻ ജീവിച്ചിരിക്കുന്നവരെന്തായിരിക്കും ജന്യനായിരിക്കും അത് പറയാം ജനകത്വവും ജന്യത്വവും പക്ഷെ പ്രകാരം പറയും ജനകത്വവും ജന്യത്വവും ഉണ്ടെങ്കിലും ജന്യനായ പുത്രൻ ജനകരായ മാതാപിതാക്കൾ പുത്ര പണ്ഡിതേഷയ പദിതം െന്താണ് പുത്രൻ പതനാണ് പക്ഷെ മാതാപിതാക്കളുമായിട്ട് നിത്യസംബന്ധം ഉണ്ടെന്ന് പറയാൻ പറ്റും ഇത്രയും പറയാൻ പറ്റും എന്താണ് അവിടെ ജനകത്വം കൊണ്ട് പുത്രനിൽ ജന്യത്വം അവരുമായിട്ട് നിത്യസംബന്ധം ഉണ്ടാകത്തില്ല അച്ഛനും അമ്മയും അച്ഛനും മകൻ മകൻ തന്നെയാണ് പക്ഷെ മരിച്ചു പോയാൽ നിത്യബന്ധം ഉണ്ട് പുത്രസ്യായി പണ്ഡിത സ്വഭാവശേഷിയ പിതൃസമാണ് അപ്പത് പറയാൻ പറ്റില്ല എന്താണ് പണ്ഡിതനായ എന്താണ് മകന് മാതാപിതാക്കൾക്കുമായിട്ട് എന്താണ് സ്വാഭാവികമായ സംബന്ധമുണ്ട് അത് പറയാൻ പറ്റില്ല അപ്പോ പറയുന്നു ഇവിടെ ഒരു ബന്ധമുണ്ട് പുത്രനും മാതാപിതാക്കളുമായിട്ട് സംയുക്തം ജഡവുമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ് സഹ അർത്ഥാത്മപ്രകാശേ പ്രകാശേന സംയുത്പ്രകാശവും അർത്ഥാത്മപ്രകാശേന സഹ സംശം അങ്ങനെ പറയുന്നു നും അർത്ഥാത്മപ്രകാശം വിന അതായത് ഇവിടെ പറയുന്നത് പ്രകാരം പറയുന്നത് ഈ സംയത് ബോധം എന്ന് പറയുന്നത് എപ്പോൾ ആത്മാവിന്റെയും വിഷയത്തിന്റെയും ബോധത്തോടുകൂടിയേ ഇരിക്കത്ത ആത്മാവിന്റെയും വിഷയത്തിന്റെയും ബോധമില്ലെങ്കിൽ ബോധമില്ല അതാണ് നമ്മുടെ ഉള്ളിലോട്ട് ബോധം ഉണ്ടാകുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ എന്തുവരും ആത്മാവിന്റെ ബോധവും വരും വിഷയത്തിന്റെ ബോധം അതായത് ഞാൻ പുസ്തകത്തെ അറിയിക്കുന്നു ആത്മബോധവും ഒന്ന് അങ്ങനെ അല്ലാതെ ബോധത്തിന് കേവലം ബോധം അങ്ങനെ നിലനിർത്താൻ പറ്റില്ല അദ്വൈതികളും മറ്റും പറയുന്ന പോലെ ബോധം ജ്ഞാനമേകം ഹി നിരുപാധികം സ്വാഭാവിക അതുപോലെ നിരുപാധിക ബോധം പ്രഭാരം പറയുന്നു അങ്ങനെ നടക്കില്ല ബോധമുണ്ടോ അപ്പൊ അതിന് രണ്ട് തല കാണും ഒന്നെന്താണ് അങ്ങനെയുണ്ടോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് ഞാൻ പുസ്തകത്തെ അറിയുന്നു മേശ അറിയുന്നു ബുക്കിനെ അറിയുന്നു ഇതാണ് പ്രഭാകരൻ പറയുന്നത് ത്രിപുടി ഞാനും ഇങ്ങനെ ത്രിപുടി രൂപത്തിലേ ഉള്ളു അല്ലാതെ വേറെ നിങ്ങൾ പറയുന്ന എന്താണ് ത്രിപുടി മുടി തെടിഞ്ഞെടും പ്രകാശം എന്നൊക്കെ പറയാണ് അറിവിന് അതൊക്കെ വെറും എന്താണ് ഭാവൻ കവിഭാവൻ അങ്ങനെ ഒരു സാധനം ബോധമുണ്ടോ അതങ്ങനെ ഇരിക്കത്തുള്ളൂ ത്രിപുടിയായിട്ടേ അതാണ് സുഷുതിയെന്ന് അവിടെ ത്രിപുടിയില്ല ബോധവും ജാഗ്രത ബോധമുണ്ട് ത്രിപുടിയുണ്ട് അല്ലേ ബോധം അതാണ് ഈ അനുഭവം എന്ന് പറയുന്നത് അതാണ് അനുഭവം അങ്ങനെയിരിക്കും അതായത് ആൾക്കാർ ഈ തോളിലൊരു സാധനം വെച്ചുകൊണ്ട് പോകുമല്ലോ അതിനെന്താ പറയുന്നു പഴയകാലത്ത് വെറ്റലിലേക്ക് വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്നു ാട്ടിലെന്താ പറയുന്നു ഏ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലും രണ്ട് പാള ആ കൊട്ടാന്ന് തോന്നി കുട്ടിക്കാലത്തേക്ക് ഞാൻ തോളി വെച്ച് വെള്ളം കോരിയിട്ടുള്ള അതുകൊണ്ട് എനിക്കത് മറക്കാൻ പറ്റി കോരിതല്ല കോരിപ്പിച്ചതാണ് അത് വേറെ എന്താണ് കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവന്ന് വെറ്റില്ല ചോട്ടി ഒഴി അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ് രണ്ട് സൈഡിലും രണ്ടെണ്ണെങ്കിലും തൂങ്ങിക്കിടങ്ങും തൂങ്ങിക്കിടന്നാലേ മറ്റേ സാധനം തോളിയിരിക്കത്തുള്ളൂ ആ സാധനം രണ്ടും അറുത്ത് മാറ്റി കഴിഞ്ഞാൽ തോളിയിരിക്കുന്ന സാധനം താഴെ വീഴും അത് മാത്രം തോളി വെച്ചുകൊണ്ടുപോകാൻ പറ്റില്ല പിടിക്കാതെ പക്ഷെ ഈ രണ്ട് സൈഡിലും കയറുകെട്ടി ഉറി പോലെ രണ്ടു ഉറി പോലെ അതീ വെള്ളം കയറി കഴിഞ്ഞാൽ അത് തോളിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാതാണ് അതുപോലെ തോളിയിരിക്കുന്ന സാധനമാണ് എന്ത് സമ്മിത്ത് ഈ സമ്മത്തിരിക്കണമെങ്കി എന്തുവേണം ഈ രണ്ടെണ്ണം വേണം എന്തൊക്കെ വിഷയവും ും ആത്മാവും നേടിയിരിക്കുന്നതാണ് സംയുക്തം അതാണ് ഇവിടെ പറയുന്നത് അർത്ഥ ആത്മപ്രകാശനസഹ സംവിത്പ്രകാശം അർത്ഥ ആത്മപ്രകാശത്തോടൊപ്പമേ സംയുത്പ്രകാശമാണ് വെച്ച അർത്ഥ ആത്മാഅനുഭവം ഉള്ളപ്പോഴേ അനുഭവം ഉണ്ട് എന്ന് ചെറുക്കാം ഇന്നത്തു അർത്ഥാത്മപ്രകാശം മിന അർത്ഥാത്മാനുഭവം ഇല്ലാതെ എന്തില്ല സംയുത്തല്ല സംയുക്ത അനുഭവം എന്ന് വെച്ചാൽ അനുഭവം തന്നെ ഇത് തസ്യഹ സ്വഭാവം ഇതാണ് സംയുതന്റെ സ്വഭാവം അതാണ് ത്രിപുടി എന്ന് പറയുന്നത് ഈ ത്രിപുടി എന്ന് പറയുന്നത് മൂന്ന് സാധനങ്ങളാണ് മേളവെക്കുന്ന കമ്പ് രണ്ടു സൈഡിലും ഇട്ടിരിക്കുന്ന ബക്കറ്റ് ആണ് ത്രിപുടി അങ്ങനെയുണ്ടാവും ഇപ്പൊ ത്രിപുടീവാദിയാണ് പ്രഭാകര അതിന് ഉറച്ചയും ബാക്കി എന്താണ് ആത്മാവ് ജ്ഞാനമാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണോ സമ്മതിപ്പിക്കാൻ പ്രയാസവും അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എന്നാണ് ഒന്ന് അർത്ഥാത്മപ്രകാശം മറ്റൊന്ന് സംയത് പ്രകാശം മനസ്സിലായ അർത്ഥാത്മപ്രകാശവും സംയുത്പ്രകാശം ഇത് ഒരുമിച്ചായിരിക്കും അല്ലാതെ സംയുത്യ സ്വതന്ത്രമായിട്ട് സംയുക്ത നിൽക്കാൻ പറ്റും സംയുത്വ സ്വതന്ത്രമായി നിൽക്കുന്നു പറഞ്ഞ ആരായി മനസ്സിലാക്കിയ ഇനി പറയുന്നു മനസ്സിലേ തം സംവിധോ ഭിന്നോ സംത്മപ്രകാശ തയം പ്രകർമ്ര